അറിഞ്ഞാ പോരാ എന്താണ് ഭൂമാവ് എന്താണ് അല്പം നാരദ മഹർഷി ചോദിച്ചു ശനത്കുമാരൻ പറഞ്ഞു ഏതൊന്നിനെ കണ്ടാൽ അവിടെ അന്യമായിട്ടുള്ളതൊക്കെ പോകുമോ എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സ ഭൂമാം എവിടെ മറ്റൊന്ന് കാണുന്നില്ലയോ മറ്റൊന്ന് കേൾക്കുന്നില്ലയോ മറ്റൊന്ന് അറിയപ്പെടുന്നില്ലയോ ഏകവും അദ്വൈവുമായ ഒരേ അനുഭവസ്ഥിതി ഉണ്ടാവുന്നു എവിടെ മറ്റൊന്ന് അറിയാനില്ലയോ അത് ഭൂമാവ് അനന്തം ബാക്കിയുള്ളതൊക്കെ അൽപ്പം അല്പമായിട്ടുള്ള വിദ്യകൾ ദ്വൈത വിദ്യകളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഭഗവാനെ പിടിക്കണം ഭഗവാൻ ഭൂമാവ് ഭഗവാൻ ൂമവസ്തുവാണ് അനന്തമായ വസ്തുവാണ് ഭൂമന് എന്ന് നാരായണീയത്തിലും മറ്റുമൊക്കെ ഗുരുവായൂർപ്പനെ എത്രയോ സ്ഥലത്ത് ഭൂമന് ഭൂമന് എന്ന് വിളിക്കുന്നു ഭൂമൻ എന്ന് വെച്ചാൽ തന്നെ അനന്തമായിട്ടുള്ള വസ്തു എന്നർത്ഥം അന്തമില്ലാത്ത ഭഗവാൻ നമുക്ക് ഹൃദയത്തിൽ പ്രകാശിച്ചു എന്ന് വെച്ചാൽ പിന്നീട് അറിയാമോ ഒന്നുമില്ല എല്ലാ വിദ്യകളെയും നമ്മൾ സ്വന്തമാക്കി അല്പല്പമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെടുവോ ആ വസ്തു ഹൃദയത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അറിവിനെ എവിടെ പോയി തരണം എന്തിനന്വേഷിച്ചു നടക്കണം ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ സകല വിദ്യയും സ്വന്തമായി പക്ഷെ ലോക വ്യവഹാരത്തിന് ബാക്കിയുള്ളതൊക്കെ വേണം വ്യവഹാരജ്ഞാനത്തിന് വേണ്ടി ബാക്കിയുള്ളതൊക്കെ വേണം പക്ഷെ വയസ്സാകുമ്പോ എല്ലാ കാലത്തിനും അനുസരിച്ച് ജീവിക്കണം അതെ യൗവനത്തിന് ഒരു വിധത്തില് സ്വാർത്ഥയ്ക്കുമ്പോ അതിനൊരു വിധം വാർദ്ധക്യാവുമ്പോൾ യൗവനമാതിരി കാണിച്ചാലോ ആളുകൾ മൂക്കില് വിരൽ വെക്കും മൂക്കത്ത് വിരലുവെക്കും വയസ്സായി വയസ്സായാൽ അതിനൊരു അഴകുണ്ട് ഒരു സൗന്ദര്യമുണ്ട് അതുപോലെ ഇരിക്കുക തലമുടി നരച്ചോ നിരച്ചിട്ട് പോട്ടെ പല്ലുപോയോ പോട്ടെ ശരീരം ക്ഷീണിച്ചോ ക്ഷീണിക്കട്ടെ അതൊക്കെ ഒരു സൗന്ദര്യമാണ് വയസ്സുകാലത്ത് വയസ്സുകാലത്ത് ഒരു സൗന്ദര്യമാണ് ആ സമയത്ത് പോയി ചെറുപ്പക്കാരനെ പോലെ വേഷം കെട്ടി നടന്നാലോ ചെറുപ്പക്കാരനാവുമോ അപ്പൊ വാർദ്ധക്യം വാർദ്ധയ്ക്കും പോലെ ഇരിക്കട്ടെ വാർദ്ധക്യത്ര അതേപോലെ ഉള്ളിലും ഒരു പക്വത വരണം എന്താ പക്വത അതാണ് ആചാര്യസ്വാമികൾ ഇവിടെ ഈ വൃദ്ധനോട് പറയുന്നത് സംപ്രാപ്തേ സന്നിഹിതേ കാലെ നഹി രക്ഷതി ഡുക്രിഞ്ഞ യമന്റെ മുമ്പില് തന്റെ ഈ ഡുക്രിഞ്ഞുകരണയെ പ്രയോജനപ്പെടില്ല ഡുക്രിഞ്ഞുകരണയെന്ന് വെച്ചാൽ എല്ലാ വിദ്യകളും അപരാവിദ്യ അപരാവിദ്യ എന്ന് ഉപനിഷത്തില് പറഞ്ഞു പരാവിദ്യ എന്ന് വെച്ചാൽ ഭഗവത് ജ്ഞാനം ആത്മസാക്ഷാത്കാരം അപരാവിദ്യ എന്ന് വെച്ചാൽ പഠിച്ചറിയുന്നതൊക്കെ അപരാവിദ്യ അപരാവിദ്യ എന്ന് പറഞ്ഞിട്ട് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ എഴുതി ചേർത്തു അപരാവിദ്യ അവിദ്യ എന്നാണ് അതിന് അപരാവിദ്യ എന്ന് പേര് വെച്ചാലും അത് വിദ്യയല്ല അത് അവിദ്യയാണ് കാരണം എന്താ മരുമരീച്ചാകൽപ്പം എന്നാണ് അത് നമുക്ക് ബുദ്ധിയിലുണ്ടാവും പക്ഷെ അനുഭവത്തിനൊന്നും പ്രയോജനപ്പെടില്ല അനുഭവത്തിന് വേണ്ടേ നല്ല വെള്ളം ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് ചെല്ലുമ്പോ പിടിച്ചിരുത്തിയിട്ട് വെള്ളം എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടുള്ള കാരണം വെള്ളത്തിന് വാട്ടർ എന്ന് പേരുണ്ട് പാനി എന്ന് പേരുണ്ട് തണ്ണി എന്ന് പറയും തീർത്ഥം എന്ന് പറയും ദുഃഖം ആര് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ കുടിച്ചാൽ അനുഭവത്തിന് ദാഹിക്കുമ്പോ വെള്ളം കുടിക്കണം ആ സ്ഥലത്ത് പോയിട്ട് അതിന് ഹൈഡ്രോജനും ഓക്സിജനുമാണെന്നിപ്പോ ആര് ചോദിച്ചു അപ്പൊ ഹൈഡ്രോജനോ വേറെ വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം വേറെ ഒരു പണിയും ഇല്ലെങ്കിൽ ഹൈഡ്രോജനും ഓക്സിജനൊക്കെ ആവാം നമുക്ക് ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കുന്നതിന് പകരം ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാലോ അപ്പൊ അതാണ് അപരാവിദ്യ ഒരു ലിമിറ്റിന് മേലെ പ്രയോജനപ്പെടില്ല വേദാന്തം തർക്കശാസ്ത്രമൊക്കെ ആയിട്ട് വേദാന്തം പോയാൽ വേദാന്തമേ പ്രയോജനപ്പെടില്ല വേദാന്തം ആത്മജ്ഞാനത്തിനുള്ളതാണ് ആത്മാവനെ കാണിച്ചു തരാനാണ് വേദാന്തം തന്നെ പാണ്ഡിത്യത്തിനു വേണ്ടിയായാൽ അപരാവിദ്യ വേദാന്തം തന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായാൽ പരാവിദ്യ വേദാന്തം തന്നെ ഘടോവാ മൃത്യുന്ദോപി അണുരപി ധൂമോഗ്നിര പടോവ തന്തുർവ പരിഹരതിക്കും ോഭം വഹസി തരസാ തർക്കം ശംഭോർ പരമസൗഖ്യം ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ പറയണം നല്ല ബുദ്ധിയുള്ളവനെ സുധീഹീനം ബുദ്ധിയുള്ളവന്റെ ലക്ഷണം എന്താ വിവേകം വേണം തർക്കശാസ്ത്രം പഠിക്കരുത് കുഞ്ഞേ എന്നാൽ തർക്കശാസ്ത്രം പഠിക്കേണ്ടതാണോ പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ അയച്ചപ്പഴപ്പേനും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ജ്ഞാനത്തിന് വേണമെങ്കിൽ സാക്ഷാത്കാരത്തിന് വേണമെങ്കിൽ ഘടമാണോ ഇതിപ്പോ ഈ വാക്കുകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഏ അതിന് മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഹൈഡ്രോജനാണോ ഓക്സിജൻ ആണോ കെമിക്കൽസ് അതെ ഇതേ ഈ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തർക്കിച്ചുകൊണ്ട് ലോജിക് ലോജിക്കില് ബുദ്ധി കൊണ്ടുപോയി വേസ്റ്റ് ചെയ്ത് കളയരുത് എന്നാണ് കണ്ഠക്ഷോഭം തൊണ്ട മാത്രം വെള്ളം വെച്ചു പോവും ഭോജം ശംഭോഹോ ഭജ ഭഗവാന്റെ പാദത്തിനെ ഭജിക്കാം എന്നുവെച്ചാൽ ആനന്ദം ഉണ്ടാവട്ടെ ഹൃദയത്തിൽ തൃപ്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ അത് പരാവിദ്യ ആ പരാവിദ്യയ്ക്ക് ശ്രമിക്കൂ കരാവിദ്യ ഉള്ളിലെ പ്രയോജനം ഉണ്ടാവട്ടെ ഉള്ളിൽ ഈ സംസാരം എന്ന് പറയുന്ന ഒരു വ്യാധി വന്നിരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ നല്ല സീരിയസ് ആയിട്ട് ക്യാൻസർ വന്നിരിക്കുമ്പോ ക്യാൻസറിൽ റിസർച്ച് ചെയ്യാൻ പോകുമോ അല്ലെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ ആ റിസർച്ച് ചെയ്ത് ടി സി എഴുതുമ്പോഴേക്കും ആള് പോവും അല്ലേ അപ്പോ വ്യാധിക്കും മരുന്ന് കണ്ടുപിടിക്കണം നന്ദനാർ ചരിത്രത്തില് ഒരു പ്രസിദ്ധമായ ഗോപാലകൃഷ്ണ ഭാരതി പാട്ട് ഇരുക്ക് പഴയ കാലത്താണ് നന്ദനാർ ചിദംബരത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ശിവഭക്തിയിൽ മൂർച്ഛിച്ചു വീഴു അത്ര അപ്പോ യജമാനൻ ചോദിക്കുകയാണ് തനിക്കെന്താ പിത്താണോ പിത്തം പിത്തംന്ന് വെച്ചാ എനിക്കെന്താ ഭ്രാന്താണോ എനിക്ക് അപ്പൊ നന്ദനാർ പറയാണ് അതേ ലോകത്തിലെ എല്ലാവർക്കും ഭ്രാന്താണ് ഇവിടെ ഭ്രാന്ത് ഇല്ല അപ്പൊ എനിക്കും ഒരു ഭ്രാന്ത് ഈ ബ്രാന്ത് മാറാൻ ഒരു മരുന്നും ഞാൻ കണ്ടുപിടിച്ചു വേറെ മരുന്നൊന്നും പ്രയോജനപ്പെടില്ല പിത്തം തെളിയ മരുന്തൊരുത് പെരുമ്പരുളേ മറ്റ മരുക്ക് വയ്യേ വയ്യേ അയ്യേ അടിമൈ പിതം തെളിയ മരുന്തൊരുത് പെരുമ്പമാണറുളേ എനിക്ക് ഭ്രാന്ത് മാറണമെങ്കിൽ നല്ലൊരു മരുന്നുണ്ടെന്നാണ് അതോ ആനന്ദസ്വരൂപമായിട്ടുള്ള ഒരു മരുന്ന് മറ്റ മരുന്നുകളൊന്നും തിന്നാലും ഉള്ളിലേച്ചില്ല എന്നാണ് ഈ പുറമേന്നുള്ള ഈ മരുന്നുകളൊന്നും ഉള്ളിക്ക് വയ്യേ വയ്യേ അടിമൈ പിത്തം ചെലിയ മരുന്ന് കൊണ്ട് ഇരുക്ക് എന്ന മരുന്ന് പുലി ഉമൈ തേടി പാത്തു പാർവതി ശീമാൽ പാതിയെ തീ ഇന്നും പാതിരുക്ക് പരയാനീ പോയ പാര ഉത്തരം താറും താറും പിതം തെളിയ പാർവതി പകുതി ഒഴുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇനി പകുതി അവിടെ ഉണ്ട് അതുകൊണ്ട് പറയാ നീ പോയി കണ്ടിട്ട് വരൂ ആ ഭഗവാനെ ഉള്ളിലേക്കാക്ക ഭഗവാനെ ഹൃദയത്തിലേക്ക് ആക്ക ഭഗവാനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ടേ വ്യാധികളൊക്കെ ശമിച്ചു കിട്ടുകൊള്ളൂ ബാക്കിയുള്ള മരുന്നുകളൊന്നും അവസാനം പ്രയോജനപ്പെടില്ല ശരീരേ ജർജീഭൂതേ വ്യാധിഗ്രസ്തേകളെ വരെ ഔഷധം ജാഹവീ പോയം വൈദ്യോ നാരായണോ ഹരി ബാക്കിയുള്ളതൊക്കെ വിട്ടുപോകും വേറെ ഒന്നും വിശ്വസിക്കാമയ ചരക സംഹീതയിലോ മറ്റോ പറയേണ്ടതാത്രേ ഈ ശ്ലോകങ്ങൾ വൈദ്യരാഥന്മാർ പറഞ്ഞത് അവസാനം എന്ന് വെച്ചാൽ അവർക്കൊക്കെ അറിയാം അവരുടെ ലിമിറ്റേഷൻസേ അവർക്കൊക്കെ അറിയാം നല്ലവണ്ണം വൈദ്യം പഠിച്ചാൽ ഏത് ശാസ്ത്രവും നല്ലവണ്ണം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവണ വേണ്ട അതിന്റെ ലിമിറ്റേഷൻ മനസ്സിലാവും അത് എത്ര പരിഛിന്നമാണ് എന്ന് മനസ്സിലാവും അതിനൊപ്പുറം നമുക്ക് കയ്യില്ല എന്നുള്ളതും മനസ്സിലാവും അപ്പോ അതേപോലെ തന്നെ ശാസ്ത്രവും അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞത് സംപ്രാപ്തേ സന്നിഹിതേ കാലെ യമൻ അടുത്തു വരുമ്പോ നഹി നഹിരക്ഷതി ഡുക്രിഞ്ഞുകരണേ എന്റെ ഒരു വിദ്യയും പ്രയോജനപ്പെടില്ലാണ് ശൈവം വ്യർത്ഥം സഹായ എല്ലാം വ്യർത്ഥമായിട്ട് പോകും ഭഗവാനല്ലാതെ വേറെ ആര് സഹായത്തിന് ഇല്ല അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു അർജുന ഈ ബ്രാഹ്മി സ്ഥിതി മരിക്കുന്നതിനു മുമ്പെങ്കിലും നല്ലവണ്ണം ഉറപ്പുവരുത്തണം ബ്രഹ്മനിഷ്ഠ മരിക്കുന്നതിനു മുമ്പ് കാരണം അതൊന്നേ നഷ്ടപ്പെടാത്തതുള്ളൂ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോവും ശരീരം നഷ്ടപ്പെട്ടു പോവും മനസ്സ് നഷ്ടപ്പെട്ടു പോവും തടിച്ചതൊക്കെ മറന്നുപോകും നമുക്ക് ഭഗവാൻ നമുക്ക് സ്വന്തമായി എന്ന് വെച്ചാൽ സമാധി ഒരു പ്രാവശ്യം സിദ്ധമായാൽ മരണസമയത്ത് അത് പ്രകാശിക്കും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് സ്വരൂപം ഹൃദയത്തിൽ നല്ലവണ്ണം ഒരു പ്രാവശ്യം തെളിഞ്ഞാൽ മരണസമയത്ത് നഷ്ടപ്പെട്ടു പോവാതെ അത് പ്രകാശിക്കും അതാണ് ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് ഗോവിന്ദനെ ഭജിക്കാഹെ മൂധമതേ എന്ന ആചാര്യ സ്വാമികൾ വിളിച്ചത് ചീത്ത പറഞ്ഞതല്ല ഒരു അച്ഛനോ അമ്മയോ കുട്ടികളെ ചീത്ത വിളിക്കുന്ന പോലെ കുട്ടി ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോൾ അച്ഛനോ അമ്മയോ ചീത്ത വിളിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് അതുകൊണ്ട് ആർക്കും വിരോധം തോന്നില്ല വിവേകാനന്ദ സ്വാമികൾ കേരളത്തിലുള്ളവരെ ഭ്രാന്തന്മാരെ വിളിച്ചപ്പോ ആർക്കും വിരോധം തോന്നിയില്ല ഒരാൾക്കും വിരോധം തോന്നിയില്ല ആചാര്യസ്വാമികൾ ഇവിടെ മൂഢമതേന്ന് വിളിച്ചപ്പോൾ ഒരാളും വിരോധം തോന്നില്ല കാരണം വേണ്ട മൂഢന്മാരെ അല്ലേ വിളിക്കണത് വേറെ എന്താ വിളിക്കേണ്ടത് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിരണേ എന്ന് പറഞ്ഞ് നമുക്ക് ആത്മവിദ്യ തെളിയണം നമുക്ക് നമ്മളെ അറിയണം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അറിയണം അതിന് വേദാന്ത ശ്രവണം ചെയ്യണം വേദാന്ത ശ്രവണം ചെയ്താലും തെളിയണമെങ്കിൽ മൂന്ന് വാസന നമ്മളെ വിട്ടു പോകണം ഒന്ന് ദേഹത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള വാസന രണ്ട് ലോകത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള വാസന മൂന്ന് ശാസ്ത്രത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള വാസന അതാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് ശാസ്ത്രവാസനയെ എടുത്തു പിന്നെ വിത്തേഷണ ദാരേഷണ അല്ലെങ്കിൽ പുത്രേഷണ ലോകേഷണ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് വിത്തം ധനം ധനത്തിനെ വെച്ചുകൊണ്ടാണ് ലോകമേ ജീവിക്കുന്നത് ഇവിടെ പണത്തിനു വേണ്ടിയാണ് എല്ലാം അല്ലെ നമ്മളുടെ ഇന്നത്തെ ലോകം പ്രത്യേകിച്ച് പണ എല്ലാം കമേർഷ്യൽ വേൾഡാണ് നിങ്ങളെപ്പോലെയുള്ളവരെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ പോലെ ആദ്യമേ നിങ്ങൾക്ക് എത്ര വേണം പറഞ്ഞു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആളുകള് അങ്ങനെ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കാലം വന്നിരിക്കണു ആദ്യം തന്നെ നിങ്ങൾ ഇത്ര രൂപ തന്നാലേ വരുവുള്ളൂ എന്ന് കൊട്ടേഷൻ കൊടുക്കണം വൈദിക കർമ്മങ്ങൾക്കും ഭഗവാ ഭഗവത് വിഷയങ്ങളിലേക്കും എല്ലാത്തിനും ഒരുവിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തില് അത് കച്ചവടമായിട്ട് മാറുകയാണ് എല്ലാം ഇപ്പോ വ്യാപാരത്തിന്റെ ലോകമാണ് വിവേകാനന്ദ സ്വാമി ഒരിടത്ത് പ്രഭാഷണത്തിൽ പറയുന്നു ഒരു കാലത്ത് സർവം ബ്രാഹ്മമിതം ജഗത് ജഗത്ത് മുഴുവൻ ബ്രാഹ്മണരായിരുന്നു എന്നാണ് പിന്നീട് ബ്രാഹ്മണരുടെ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വന്ന് ക്ഷത്രിയന്മാരുടെ ലോകമായി ആ വടിയും തല്ലും യുദ്ധവും വെട്ടും കുത്തുമായി ഇപ്പൊ അത് പോയിട്ട് വ്യാപാരികളുടെ ലോകമായിരിക്കുന്നു ഇനി വരാൻ പോണത് ശൂദ്രന്മാരുടെ ലോകം ശൂദ്രന്മാരെന്ന് വെച്ചാൽ താഴ്ന്ന ജാതി എന്ന അർത്ഥത്തിലല്ല ഭോഗം ശരീരമല്ലാതെ ഒന്നും അറിയില്ല അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ശൂദ്രലോകം ആരംഭിച്ചത് ദേഹമല്ലാതെ വേറെ ഒന്നും പിടിയില്ല ദേഹസുഖം ദേഹഭോഗം അല്ലാതെ വേറെ ഒന്നും പിടിയില്ല സത്യത്തിനെ അപ്പാടെ മറന്നുകളഞ്ഞ് ശോകത്തിനെ ഉണ്ടാക്കുന്നതിന് ഓടുന്നവനാണ് അതാണ് ശൂദ്രശബ്ദത്തിന് അർത്ഥം അല്ലാതെ ഒരു ജന്മനാ ഒരു താഴുന്ന ജാതി എന്ന അർത്ഥത്തിലല്ല ലോകം തന്നെ ശൂദ്രമാണ് സർവത്ര ഇനി വരാൻ പോകുന്ന അതാണ് ഇപ്പൊ വ്യാപാരം വ്യാപാരം എന്തിനെ ആശ്രയിച്ച് ആ പണത്തിനെ ആശ്രയിച്ച് ധനം ധനം വേണ്ട എല്ലാവർക്കും വേണം അതിനുള്ള ഉപദേശം ഉണ്ടായിരുന്നു ഈ ശ്ലോകത്തിൽ മൂഢജഹീ ധനാഗമതൃഷ്ണാം കുരുസദ്ബുദ്ധിം മനസി വി തൃഷ്ണാം എല്ലഭസേനിജ കർമ്മോപാപ്തം ोदय सित भज गोविंद भज गोविंद गोविंद पण आश्रो तृष्ण हे मूढ़ जही अपेक्षू इत के शाश्वत सुख ते तर धनागम तृष्ण ധനത്തിനെ ഉപേക്ഷിക്കൂ എന്നല്ല ധനത്തിനെ തന്നെ ഉപേക്ഷിക്കുന്നു സന്യാസികൾ അല്ലെ പട്ടണത്താർ പട്ടണത്തെ സ്വാമികൾ അദ്ദേഹം കോടീശ്വരനായിരുന്നു അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പൊ പുത്രേഷണം കുട്ടി വേണം കുട്ടി വേണം എന്നുള്ള ആഗ്രഹം ഒരു കുഞ്ഞു ജനിക്കണം എന്നുള്ള ആഗ്രഹം ദിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചു രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞു അടുത്തൊരു ശിവാചാര്യർക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടി അദ്ദേഹത്തിന് ജനിച്ചതല്ല എവിടുന്നു കിട്ടിയതാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് വളർത്താം പണം കൊടുത്താൽ അവർ കുട്ടിയെ ഇയാൾക്ക് ധാരാളം ധനമുണ്ട് അവർക്ക് ധാരാളം കുട്ടികളും ദാരിദ്ര്യവും ഉണ്ട് അതുകൊണ്ട് ആ ശിവാചാര്യർക്ക് ധാരാളം പണം കൊടുത്ത് ആ കുഞ്ഞിനെ വാങ്ങിച്ചു മരുതവാണൻ എന്ന് പേരിട്ടത് പട്ടണത്താർ അദ്ദേഹത്തിന് തിരുവങ്കാട് ചെട്ടിയാർ എന്നാണ് പേര് അദ്ദേഹം ഈ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വളർത്തി കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു അധികം വർത്തമാനമില്ല അച്ഛനെ ഉപദേശിക്കാമെന്നതാണ് പതിനാറാമത്തെ വയസ്സില് വ്യാപാരത്തിന് ബിസിനസിന് അയച്ചു കുട്ടിയെ മറ്റു വ്യാപാരികളുടെ കൂടെ മുത്തു വ്യാപാരം മുത്താണോ മുത്ത എടുത്തുകൊണ്ടുപോയി വിറ്റിട്ട് വരിക ബാക്കിയുള്ളവരൊക്കെ മുത്തുവിറ്റ് കാശുണ്ടാക്കിയപ്പോ ഇദ്ദേഹം മുത്തുവിറ്റ് ചാണക പരട്ടി വാങ്ങിച്ചോണ്ടുവന്നോട്ടെ ആ വ്യാപാരികളൊക്കെ വന്ന് ഈ തിരുവങ്ങാട് ചെട്ടിയാരുടെ അടുത്ത് വന്നു പറഞ്ഞു നിങ്ങളുടെ മകൻ നല്ല പുത്രനെയാണ് നിങ്ങൾ ജനിപ്പിച്ചിരിക്കുന്നത് വ്യാപാരികൾക്ക് യോജിച്ച രീതിയിൽ പുത്രന്മാര് വേണം എന്തിനെയും വിച്ച് കാശുണ്ടാക്കാൻ അറിയണം ഇവൻ മുത്തിനെ വെച്ച് ചാണകവരട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ചോദിച്ചാൽ ഇത് ഇത് എന്നാപ്പാന്ന് കേട്ട എഴുതാൻ കടശീക്കാലം ഉമ്മു ചാണക വരട്ടി അവസാനം വെക്കുമല്ലോ ശമത്തിന്റെ മേലെ കുറച്ച് ഈ ചാണക വരട്ടി കൊണ്ടുവന്നപ്പോ വ്യാപാരികളൊക്കെ വന്ന് അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒക്കെ ചാണക വരട്ടി അച്ഛന് ദേഷ്യം വന്ന് മകനെ ചീത്ത പറഞ്ഞ് പറഞ്ഞു മകൻ എവിടുന്ന് ഇറങ്ങിപ്പോയി ചാണക വരട്ടി എടുത്ത് എഴുന്നപ്പൊ ചാണക വരട്ടി പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് മരതകം രത്നം ചെതറി വീണൂന്ന് അപ്പൊ കണ്ടപ്പോ സന്തോഷം ഇതാണ് ആദ്യം മകൻ മുത്തുവ്യാപാരം ചെയ്തിട്ട് നഷ്ടമായി എന്ന് പറഞ്ഞ് പണം നഷ്ടമായപ്പോ ദുഃഖം ഇപ്പൊ രത്നം വന്നപ്പോ മകനോട് മകനോടുള്ള സ്നേഹമല്ല അപ്പൊ സ്നേഹം രത്നം എന്ന് കണ്ടപ്പോ സന്തോഷം അപ്പൊ എന്റെ മകൻ എവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് പോയി ഭാര്യയെടുത്ത് ചോദിച്ചപ്പോ ഒരു പെട്ടി തന്നിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയി ആ പെട്ടി തുറന്നു നോക്കുമ്പോ ഓല കാതത്വഭൂശിയും വാഴാതെ കാൺ കടവഴിക്ക് ഇത്രയധികം എടുത്താ തീരാത്ത സ്വത്ത് വെച്ചിരിക്കുന്നുവല്ലോ സമ്പത്ത് വെച്ചിരിക്കുന്നുവല്ലോ അതിൽ ഒരു പൊട്ടിയ സൂചി എന്നുവെച്ചാൽ നൂല് കോർക്കാൻ പറ്റാത്ത ആ ഭാഗം പൊട്ടിപ്പോയ സൂചി എന്ന് ഒരു ഉപയോഗത്തിനും കൊള്ളാത്ത ഈ സൂചി ീ സൂചി പോലും നിങ്ങൾ മരണ സമയത്ത് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന ഒരു ഒരു വാക്ക് ഇത് കണ്ടപ്പോ ഇതാണ് ചിലരൊക്കെ കർപ്പൂരം പോലെ അവർക്ക് ഒരു ക്ഷണമേ വേണ്ട ഉപദേശം അടുത്ത ക്ഷണം പരവൈരാഗ്യം പരമമായ വൈരാഗ്യം ഏർപ്പെട്ട് സ്വാമികൾ സർവവും ഉപേക്ഷിച്ച് ഇറങ്ങി അദ്ദേഹത്തിന്റെ മാനേജർ വന്ന് ചോദിച്ചു അത്ര ഈ സമ്പത്തൊക്കെ ആരുടെ പേരിൽ എഴുതി വെക്കണം എന്ത് ചെയ്യണം എടുത്ത് തെരുവിലെറിയാൻ പറഞ്ഞോളാണ് കൊണ്ടുപോകണം അവർ കൊണ്ടുപോട്ടെ അപ്പോ അങ്ങനെ ഒരു വൈരാഗ്യം അത്രയും സമ്പത്തിന്റെ നടുവിലിരുന്ന ആൾക്ക് വന്നു ഒരു ക്ഷണ നേരത്തിൽ അദ്ദേഹം കണ്ടു ഇതൊക്കെ പോകും മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം ഇനിയൊരു പാട്ടിൽ ഇനി ആചാര്യസ്വാമികൾ പറയാൻ പോകുന്നു അർത്ഥം അനർത്ഥം ഭാവയ നിത്യം സത്യം അർത്ഥം പണം കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി വെക്കുന്നത് അനർത്ഥം നമ്മളിപ്പോ കാണുന്നു അതിന്റെ അനർത്ഥമല്ലേ പണം കൂട്ടിക്കൂട്ടി വെക്കും തോറും നെഗറ്റീവായിട്ടുള്ള ജീവൻ അവിടെ വരും അതുകൊണ്ടുള്ള ആപത്ത് നമ്മള് ധാരാളം കണ്ടു ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് കണ്ടു എത്ര കണ്ടു പണം ചെയ്യുന്നു അനർത്ഥം ഭാവ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂവെങ്കിൽ ആരെ ഭയപ്പെടണം അതിനോട് ആസക്തിയും ഇല്ലെങ്കിൽ ആരെ ഭയപ്പെടണം ആവശ്യത്തിൽ അധികമാണെങ്കിൽ എല്ലാരെയും ഭയപ്പെടണം പുത്രാദി ധനഭാജാം ഭീതി സർവത്രേഷ വിഹിതാരീതി എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നവര് അച്ഛമ്മ രാജാക്കന്മാരുടെ ഒക്കെ കഥ നോക്കൂ കംസൻ ഉഗ്രസേനെ ജയിലിലിട്ടു ഔറംഗസീബ് വന്ന അച്ഛൻ ഷാജഹാനെ ജയിലിലിട്ടു കാരണം എന്താ ഇവർക്ക് പൈസ ആയിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ മരിക്കണമില്ല സിംഹാസനത്തിന് ഇറങ്ങുന്നുമില്ല ഞാൻ എത്ര ദിവസം കാത്തുകൊണ്ടിരിക്കും ജയിലിലിട്ടു പുത്രാദപി ധനഭാജാം ഭീതിഹീന പുത്രനെ പേടിക്കണം മക്കളെ പേടിക്കണം പണത്തിനു വേണ്ടി കോട്ടിലേക്ക് അയക്കണം അച്ഛനെ അപ്പോ ഇവിടെ ആചാര്യസ്വാമികൾ നമുക്ക് വൈരാഗ്യം ഉണ്ടാവാൻ ആയിട്ട് പറയാം പണത്തിനെയൊക്കെ ദൂരെ കളയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറമേക്ക് ഉപേക്ഷിക്കാനായിട്ടോ അല്ല ജീവിക്കാനുള്ളതാണ് ഈ വസ്തുക്കളൊക്കെ അല്ലാതെ ജീവിതം അതിനുവേണ്ടി ആവരുതെന്ന് പ്രത്യേകിച്ച് ആത്മസാക്ഷാത്കാരം ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്യവഹാരത്തിന് നല്ലവണ്ണം കുറച്ചോളണം പണം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കണം എത്ര കണ്ട് വേണോ അത്ര കണ്ട് അത് കഴിഞ്ഞാ കഴിഞ്ഞു അത്രയും മാത്രം വരണം പണം വരണം പണം വരണം സദാ യാഗ്രഹം പിന്നെ കുഴകൾ കൂടെ വന്ന് നമസ്കാരം പിന്ന പാട്ടി പാട്ടാമാരില നെറിയ കാശ് സമ്പാദിച്ച് സൗഖ്യമാർക്കണം ഇവ ഉള്ള പൂരെ അതാക്കുമേ എന്നും ാട്ടിയാവത് കുഴക്ക് ഭക്തി വരണം നന്നായിട്ട് നന്നായിട്ട് നെറിയ പണം നമ്മൾക്ക് അനുഭവവും തപ്പാന അനുഭവം നമ്മൾ ഗൈഡ് പട്രതും തപ്പാന രീതിയിലാണ് നമ്മളുടെ മാർഗവും വഴി വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതും തെറ്റിട്ടാണ് അപ്പൊ ഈ കുട്ടിക്ക് ചെറുപ്പം മുതൽ കൊണ്ട് പണമാണ് വലിയ കാര്യം നമ്മളുടെ സിനിമ ഡ്രാമ ഒക്കെ നോക്കിയാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് മഹാഭാരതം എഴുതിയതിന് ചീത്തവർന്ന് വന്നത് നാരദ മഹർഷി വ്യാസനെ ഒരു രാജ്യത്തിനു വേണ്ടിയും അർത്ഥത്തിന് വേണ്ടി ആളുകൾ തല്ലുകൂടിയതിന് ഇത്ര വർണ്ണിച്ച് എഴുതിയല്ലോ ആളുകൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് തോന്നും അപ്പോ മൂഢജഹീഹി ധനാഗമതൃഷ്ണ കുരു സദ്ബുദ്ധി ബുദ്ധിയില് ധനത്തിനെ വെക്കരുത് പണത്തിനെ പാക്കറ്റിൽ വെച്ചോളൂ ആ മനസ്സിൽ വയ്ക്കരുത് പണം പാക്കറ്റിൽ ഇരുന്നോട്ടെ കുഴപ്പമില്ല മനസ്സിലിരുന്നാലാണോ കുഴപ്പം ചിലർക്ക് പാക്കറ്റിൽ ഇല്ല മനസ്സിൽ നിറയെ പണം ലോട്ടറി ടിക്കറ്റ് സ്വപ്നം കാണുമ്പോഴും രാത്രി എങ്ങനെയാണ് ലോട്ടറി ടിക്കറ്റ് അടിച്ച പോലെയും അതിങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കണ പോലെയും സ്വപ്നത്തിന് രാത്രി ആരോ കൊണ്ടുപോകുന്ന പോലെ രാത്രി ഉറക്കത്തിൽ നിലവിളിക്കണം സ്വപ്നത്തിനും മനസ് കാരണം എന്താ മനസ്സിൽ മുഴുവൻ ഇതാണേ അതേപോലെ ലോകത്തിലെ സദ്ഗുണസമ്പന്നനായി വൈരാഗ്യശാലിയായി ശാന്തമായിരിക്കുന്ന ഒരാളെ നോക്കി അസൂയപ്പെടണം അതില്ല ഒരാൾ കാറിൽ പോണത് നോക്കും നല്ല സൂട്ട് പാൻറ് ഇട്ടോട്ട് പോണത് നോക്കും എന്താ അവർക്കാണ് വില പൊസിഷൻ അപ്പൊ എന്താ നമ്മുടെ മനസ്സ് മുഴുവൻ ഇതാണ് ഐഡിയൽ എങ്ങനെ അതുപോലെ സമ്പാദിക്കാം ലോകത്തിൽ മുഴുവൻ അഡ്വർടൈസ്മെന്റ് മുഴുവൻ അങ്ങനെയാണ് എങ്ങനെ പണം ഉണ്ടാക്കാം പണം എങ്ങനെ ധാരാളം നിറയ്ക്കാം മറ്റുള്ളവരുടെ പാക്കറ്റിലുള്ളത് നമ്മളുടെ പാക്കറ്റിലേക്ക് എളുപ്പത്തിൽ വരാനുള്ള ചാല് കീറാൻ എന്താ വഴി അതിനുള്ള എത്ര വിദ്യകളല്ലേ ഷെയർ മാർക്കറ്റ് അത് ഇത് എന്തൊക്കെയാ പലരും എഴുപത് എൺപത് വയസ്സായിട്ട് ഷെയർ മാർക്കറ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നുമില്ല ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല കയ്യിൽ നിന്ന് പോയിട്ടുമില്ല അത് ഇങ്ങനെ ആടും ഇങ്ങനെ ആടും അതിങ്ങനെ നോക്കിക്കൊണ്ട് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് ബി മോളിലേക്ക് പോകും ഷോർട്ടിലേക്ക് പോകും മോളിലേക്ക് പോകും ഷോട്ടിലേക്ക് എന്തൊരു തമാശയാ നോക്കൂ ഈശ്വരന്റെ കളിപ്പാട്ടമേ മായയുടെ കയ്യിൽ കളിപ്പാട്ടമായിട്ട് മായ കാട്ടുന്ന ജാലങ്ങൾ കാണുമ്പോൾ ജായ കാട്ടുന്ന ജാലങ്ങൾ ഗോഷികൾ മായ ഒന്നുമില്ലാതെ ആചാര്യസ്വാമികൾ മായാ പഞ്ചകം എന്ന അഞ്ച് ശ്ലോകം എഴുതിയിട്ടു അതില് പറയുന്നു സാധാരണ ആളുകളെ അല്ലാത്രയും ശ്രുതിശതനിഗമന്ത ശോധകാനപി അഹഹ ധനാദിദർശനേന ഭൂയ കലുഷയതി ചതുഷ്പദാതി അഭിന്നാൻ അഘടിതഘടനാ പടീയ സീ മായ ഘടിപ്പിക്കാൻ കഴിയാത്തതിനെയൊക്കെ ഘടിപ്പിച്ച് കാണിക്കുന്ന ഈ മായ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നൂറ്റിക്കണക്കിന് വേദവേദാന്ത വാക്യങ്ങളെ ഒക്കെ ഉദ്ധരിച്ച് വിചാരം ചെയ്ത് അനലൈസ് ചെയ്യുന്ന മഹാപണ്ഡിതന്മാരായിട്ടുള്ളവരെ പോലും ഈ നോട്ടിങ്ങനെ കാണിച്ചിട്ട് മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് നടത്തിപ്പിക്കൂ എത്ര ചതുഷ്പദാദി അഭിന്നാൻ ആചാര്യസ്വാമികൾ നാല് കാലികളെ പോലെ നാൽക്കാലികളിൽ നിന്നും ഭേദമല്ലാത്ത രീതിയില് ഇത്രയധികം പഠിച്ചവരെ പോലും കലുഷമാക്കുന്ന അഘടിതഘടനാ പഠിയസിയുമായ പിന്നെ എന്ത് പറയാം പിന്നെ എന്തു പറയാ അപ്പോ ധനം ജീവിക്കാനുള്ളതാണ് ജീവിതം ധനം സമ്പാദിക്കാനുള്ളത് ആവയാലോ കുഴപ്പം മൂഢജഹീഹി ധന ആഗമ തൃഷ്ണ ആ തൃഷ്ണ ഉള്ളില് വയ്ക്കരുത് തന്നെ ജഹീഹി ഉപേക്ഷിക്കും കുരു സദ്ബുദ്ധി സത്തിൽ മനസ്സ് വെക്കുക അസത്തിൽ വെക്കരുതെന്ന് ഇതൊക്കെ അസത്താണ് അസത്താണെന്ന് പറയാൻ കാരണമല്ല അതിനൊരു സ്വഭാവം ഉണ്ട് അതുപോലെ പ്രവർത്തിക്കും പണം എപ്പൊ വരണ്ട വിചാരിക്കണോ അപ്പൊ വരും എപ്പോ നമ്മള് വേണമെന്ന് വിചാരിക്കണോ അപ്പൊ പോകും നമ്മളുടെ ഇഷ്ടപ്പെടിയല്ല വിദ്യാരണ്യസ്വാമികൾ രാജാവിന്റെ മന്ത്രിയായിരുന്നു അതിനുമുമ്പ് അദ്ദേഹം ബ്രാഹ്മണനായി പരമദരിദ്രനായിട്ടിരുന്ന കാലത്ത് മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു പരമദാരിദ്ര്യം ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് വിദ്യാരണ്യസ്വാമികളോട് പറഞ്ഞു അദ്ദേഹം അപ്പോ സന്യാസിയൊന്നും ആയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങക്ക് ലക്ഷ്മി കടാക്ഷം ഇപ്പോ ഉണ്ടാവില്ല അടുത്ത ജന്മത്തിലേ ഉണ്ടാവുള്ളൂ ഈ ജന്മത്തിൽ ദാരിദ്ര്യം പൂർവജന്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ളത് അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അങ്ങക്ക് ധനസമ്പത്തി ഉണ്ടാവും അപ്പൊ ഇദ്ദേഹം ലക്ഷ്മി ഒന്ന് പറ്റിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ലക്ഷ്മി സന്യാസം എന്ന് വെച്ചാൽ അടുത്ത ജന്മമാണ് അതുകൊണ്ട് കഴിഞ്ഞ ജന്മം കഴിഞ്ഞു എനിക്ക് ധനം തരൂ ലക്ഷ്മി പറഞ്ഞു ആഹാ വേണ്ടില്ലല്ലോ ദാത്താ രാം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ചൊരിഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് ഇനി എനിക്കെന്തിന് ധനം സന്യാസം എടുത്തു കഴിഞ്ഞു ഇനി എന്തിനു വേണം സന്യാസ എടുത്ത് ലക്ഷ്മിയെ എത്തിക്കാൻ വിചാരിച്ചതാണ് അപ്പോഴാണ് മനസ്സിലായത് താൻ പറ്റിക്കപ്പെട്ടു ഇനിയിപ്പൊ എനിക്കെന്തിനു പണം അതൊക്കെ ചൂല് കൊണ്ടുവന്ന് അടിച്ചു വാരി ദൂരെ കളഞ്ഞു എത്ര ഇപ്പോഴത്തെ സന്യാസിയാണെങ്കിൽ ചെയ്യില്ല ചതുഷ്ടരാദി അതിന് അഘടിത ഘടനാ പട്ടി ഈ പണം അല്പം വന്നാൽ പാതിരാത്രിക്ക് കൊട പിടിക്കുമെന്ന് പറയലേ രാമകൃഷ്ണ ഒരു ശിഷ്യൻ മഹേന്ദ്രനാഥ് മിത്ര അല്ല അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒരു ഭക്തി ഒരു ശിഷ്യൻ അദ്ദേഹം രാമകൃഷ്ണ പരമാംശർക്ക് കുറച്ച് പണം അവിടെ ഒക്കെ കൊടുത്ത് എന്നുവെച്ചാൽ രാമകൃഷ്ണ പരമാംശർ സ്വയം പണമൊന്നും കൈകാര്യം ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ട സംഭ പണ ചെലവ് ചെയ്തിരുന്നു ഈ ഭക്തൻ അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് അല്പമൊരു അഹങ്കാരം എവിടെയോ വന്നു തോന്നും താനാണ് ചെലവാക്കുന്നത് ഭാവം അത് തല്ലി പൊട്ടിക്കാനായി രാമകൃഷ്ണ പരമവംശർ ആ ഭക്തനെ വെച്ചുകൊണ്ട് ഒരു തമാശ പറഞ്ഞതാ ഒരു തവളക്ക് ഒരു ദിവസം ഒരു നാലെണ്ണ കിട്ടിയത്രേ തവള ആ നാലെണ്ണ എടുത്തുകൊണ്ട് റോട്ടിലുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടാണ് ആരൊക്കെയാ തനിക്ക് സല്യൂട്ട് അടിക്കണത് എന്നിട്ട് ആ നാലെണ്ണ തന്റെ പോട്ടിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറമേക്ക് വന്ന് ഇടുപ്പിൽ കൈവെച്ചുകൊണ്ട് നിന്ന് അത്രേ വരണവരെയും പോകണവരെയും നോക്കി അപ്പൊ ഒരു ഈ തവളയുടെ മുമ്പ് തവളയെ ശ്രദ്ധിക്കാതെ പോയി അതിൽ ഈ തവളയ്ക്ക് ദേഷ്യം വന്നിട്ട് നാലണ ഉള്ള എന്നെ നോക്കാതെ പോണ പോകുന്നേ ഞാൻ ചവിട്ടും എന്ന് പറഞ്ഞ ആനയെ ചവിട്ടാൻ കാല് പൊന്തിച്ചു അത്ര ഈ തവള എന്നുവെച്ചാൽ നാലണ കിട്ടിയാൽ തവളയ്ക്ക് പോലും അഹങ്കാരം വന്നു പോകും ഒരു നാലണ കിട്ടിയാൽ മതി അതാണ് മൂഢജകീഹി ധനാഗമ തൃഷ്ണ ധനത്തിനോടുള്ള അത്യധികമായ പ്രതിപത്തിയെ ഉപേക്ഷിക്കുന്നു കുരു സദ്ബുദ്ധി ഭഗവാനില് മനസ്സ് വയ്ക്കാം ഗോവിന്ദ് ഭജനം ചെയ്യൂ മനസ്സി വിതൃഷ്ണാം ഭഗവാനിൽ മനസ്സ് വയ്ക്കുമ്പോ ലോകത്തിലുള്ള തൃഷ്ണ പോകും ഇതരരാഗ വിസ്മാരണം ഭഗവത് ഭഗവാൻ ഹൃദയത്തിൽ വന്നാൽ ഭഗവാന് വേറെ ആരെയും അവിടെ ഇരുത്താൻ പറ്റില്ല പിന്നെ ഈശ്വരൻ അകമെ വന്നാൽ വിതൃഷ്ണ തൃഷ്ണങ്ങളൊക്കെ ഉള്ളുന്നു പോയി വിതൃഷ്ണ തൃഷ്ണ ഭഗവാൻ ഉള്ളിൽ വന്നാലേ പോലും നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണാണ് ഈ കൃഷ്ണ നിവൃത്തമാവണമെങ്കിൽ ആത്മാവ് ഉള്ളിൽ പ്രകാശിക്കണം ഉള്ളിൽ ആത്മാനുഭവം ഏർപ്പെട്ടു തുടങ്ങിയാൽ വിഷയാനുഭവം പിന്നെ രുചിക്കില്ലേ സല്ലകി പല്ലവപ്രീതം ഇവേഭം നിമ്പ നല്ല മധുരമധുരമായിട്ടുള്ള കരിമ്പ് രുചിക്കുമ്പോൾ വേപ്പിന്റെ കൈപ്പുള്ള രസം രുചിക്കുവോ മധുരമായിട്ടുള്ള പഴങ്ങളൊക്കെ തിന്നുമ്പോ പുളിക്കുന്ന പഴം ആരെങ്കിലും തിന്നാൻ പോകുമോ അതുപോലെ ഉള്ളിലുള്ള ആത്മാനുഭവ രസം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവത് രസം ഉണ്ടായാൽ വിഷയരസം വിട്ടുപോകും അല്ലാതെ വിഷയരസത്തിനെ ഉപേക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല നല്ല സാപ്പാട് വീട്ടിലുണ്ടെങ്കിൽ തെരുവിൽ പോയി മിക്ഷ എടുക്കില്ല അപ്പോ മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിയും സത്തിന് മനസ്സിനെ വെക്കുക ഈ ധനമുണ്ടല്ലോ അസത്ത് അസത്വം എന്ന് വെച്ചാൽ ഉണ്ടാവും ബാങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കാം ചില ആളുകളുണ്ട് എത്ര വയസ്സായിട്ട് രാവിലെ എണീറ്റ് പത്ത് പതിനൊന്ന് മണിവരെ ജപമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ബാങ്കിലുള്ള എല്ലാ പാസ്ബുക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് കാർഡും ഒക്കെ എടുത്ത് മുമ്പിൽ നോക്കുമ്പോൾ ഒരു സന്തോഷം വാസ്തവത്തിലോണ്ടോ ഒന്നുമില്ല മുമ്പിൽ വന്നോ ഇല്ല സമ്പ്രാപ്ത ന പുരാ നമ്പ്രതി നാപ്തൗ ദൃഢപ്രത്യയാൻ മാംസാമാത്ര പരിഗ്രഹാനഭി പദം തെറ്റും ന ശക്താവയം ഭർത്തൃഹരി പറഞ്ഞു പണ്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ കയ്യിലില്ല ഇനി കിട്ടും എന്നൊരു ഒട്ടും ഉറപ്പുമില്ലാത്ത ഹൃദയത്തിന് മാത്രം സ്വപ്നത്തിലുള്ളതിനെ വിടാൻ വയ്യാന്നാണ് ബ്രഹ്മജ്ഞാന വിവേക നിർമ്മലതിയഹ കുറവന്തി അഹോ ദുഷ്കരം ഉപഭോഗപാന്ദ്യി ഏകാന്തോ നിസ്പൃഹാഹ്രഹ്മാ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബുദ്ധി തെളിഞ്ഞിട്ടുള്ള ജ്ഞാനികൾ അവരുടെ മുമ്പിൽ കിടക്കുന്ന വലിയ വലിയ സമ്പദ് സമൃദ്ധികളെ പോലും പുല്ലുപോലെ തൃണം പോലെ തള്ളി മാറ്റിയിട്ട് നമുക്ക് പണ്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ കയ്യിലില്ല ഫ്യൂച്ചറിൽ വരാനും പോണില്ല എങ്ങനെ ഉപേക്ഷിക്കും ഒന്ന് ആലോചിച്ചു നോക്കും ഉപേക്ഷിക്കാം എങ്ങനെ ഉപേക്ഷിക്കും ഏഴുമാടി കെട്ടണം രണ്ട് മൂന്ന് കാറ് കുട്ടികള് പേരക്കുട്ടികള് ഒക്കെ നല്ല നല്ല പൊസിഷൻ എഞ്ചിനീയർ ഡോക്ടർ എവിടെ എന്റെ ജാതകത്തിലുണ്ടെന്നാണ് ഒന്ന് ഇറ്റാലിയ ഒക്കെ എന്റെ ജാതകത്തിലുണ്ട് ഇപ്പൊ വയസ്സ് എത്ര എഴുപത്തൊന്നേ ആയിട്ടുള്ളൂ മാത്ര പരിഗ്രഹാന് വാഞ്ചയില് സങ്കല്പത്തിന് മാത്രമേ ഉള്ളൂ അത് ഉപേക്ഷിക്കാൻ വയ്യ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് വിതൃഷ്ണാം കുരു തൃഷ്ണ ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ ശാന്തി കാശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം തൃഷ്ണ ഉള്ളിൽ നിന്ന് നീങ്ങിയാൽ ആത്മാവ് തനിയെ പ്രകാശിക്കും ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പുതിയൊരു സാധന വേണ്ട കൃഷ്ണ ശമിച്ചാൽ കൃഷ്ണ ഉള്ളുന്ന ആഗ്രഹങ്ങൾ ഉള്ളു നീങ്ങിയാൽ ധനത്തിനോടുള്ള പ്രതിപത്തി വിട്ടാൽ ആഗ്രഹങ്ങൾ ഉള്ളു നീങ്ങിയാൽ സദ്ബുദ്ധിം കുരു എന്നാണ് സത്തിൽ ബുദ്ധിയെ വയ്ക്കുക അസത്തിൽ ബുദ്ധിയെ വെക്കരുത് അസത്തിലെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇത് മുമ്പിൽ ഉണ്ടായി മറന്നു പോവും ധനം ഇപ്പോ ഉണ്ടാവും കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല സ്ഥാനം ഇപ്പോ ഉണ്ടാവും കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ അമേരിക്കയില് അദ്ദേഹത്തിൽ പേര് ഓർമ്മ വരുന്നില്ല പല പേരും മറന്നു ആ കാലത്ത് അദ്ദേഹത്തിന് ധാരാളം ധനം ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ആളുടെ ഒരു കഷ്ണം തുണി കിട്ടിയാൽ നമുക്ക് ഐശ്വര്യം വരും എന്നാണ് ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ചോദ്യം എത്താൻ പറ്റുമോ വീട്ടിൽ പുറത്തിറങ്ങിയാൽ ആളിന് അഗ്നനാവും ആളുകളൊക്കെ കൊണ്ടുപോകും അത്ര പുറകെ നടക്കും അത്ര അങ്ങനെയുള്ള ആൾക്ക് അവസാനം അയാൾ മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് അടുത്ത ഫ്ളാറ്റിലുള്ള ആളറിഞ്ഞു അയാളുടെ ശവം എടുക്കാൻ അയാളും അടുത്ത വീട്ടിലുള്ളവർ നാറുന്നു എന്നുള്ളത് കൊണ്ട് അവരും അയാൾ വളർത്തിയൊരു നായി തലിച്ചുകൊണ്ട് പോവാൻ അവരാരും ഇല്ല ഇതാണ് സ്ഥാനമാനങ്ങളുടെ ഒക്കെ സ്ഥിതി ധനത്തിന്റെ സ്ഥിതി എത്ര നേരം വേണോ ഒക്കെ കമിഴ്ന്നു വീഴാൻ അല്ലേ ഉയർന്ന പൊസിഷനിൽ ആളുകൾ കമിഴ്ന്നു വീണെന്ന് നമ്മൾ കാണുന്നില്ലേ മുമ്പിൽ കാണുന്നുവല്ലോ എത്ര ഉയരുന്നു അത്രയധികം അല്ലേ നടന്നു പോകുമ്പോൾ വീണ അത്ര കണ്ടാവില്ല സൈക്കിളിൽ പോകുമ്പോൾ വീണ അവിടെ അവിടെ പൊട്ടും കാറിൽ പോകുമ്പോ ചിലപ്പോ പ്ലെയിനിന്ന് വീണാലോ പോണിൽ വീണാലോ അപ്പോ ഇതാണ് കുരുസദ്ബുദ്ധി മനസ്സി വിതൃഷ്ണം സദ്ബുദ്ധി എന്ന് ആത്മാവിൽ ബുദ്ധിയെ വെക്കൂ സ്വരൂപത്തിൽ ബുദ്ധിയെ വെക്കൂ അസത്ത് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതാസത്ത് അതാണ് മരിച്ചുപോയാൽ സത്ത് പോയി എന്ന് പറയണം സത്ത് പോയി അല്ല സത്തുപോയി സത്ത് പോയി എന്ന് വേണം പറയാൻ നമ്മൾ മലയാളികൾ വേണമെങ്കിൽ തമിഴന്മാരെ കളിയാക്കും സത്ത് പോയി സത്ത് എന്ന് പറയണമെന്നൊക്കെ ശരി സത്ത് പോയിയാണ് സത്ത് പോയതല്ല സത്ത് വിട്ടുപോയി ഇപ്പൊ ഉള്ളത് അസത്ത് അസത്തിന് ഭാവില്ല ഭാവമില്ലെന്ന് വെച്ചാൽ എന്താ കുറച്ചു കഴിഞ്ഞാൽ തനിയും അഴുകും അല്ലെ ഇന്നലെ വരെ നാറാതിരുന്ന ശരീരം കുറച്ചുനേരം കഴിയുമ്പോഴേക്കും നാറും ഇന്നലെ വരെ അണുക്കളൊന്നും വരാത്ത ശരീരം കുറച്ച് കഴിയുമ്പോൾ അണുക്കൾ വരും കുറച്ചു കുറച്ചായിട്ട് ദ്രവിച്ചു തുടങ്ങും ഡിസിന്റഗ്രേറ്റഡ് ആയി തുടങ്ങും അസത്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും അസത്ത് അഭാവരൂപമാണ് തനിയും ഇല്ലാതാവും സത്ത് ഭാവരൂപമാണ് ഒരിക്കലും ഇല്ലാതാവില്ല അതുകൊണ്ട് സദ്ബുദ്ധി കുറും सत् बुद्धिये वह सरू उदे अ मृत्युस्वभावान सन्हिते काले एल मृत्यु मृत्युग्रस्त भगवा अवड़े महर्षि സന്ദർശനത്തിൽ ഉള്ളതിനാർപ്പത് രണ്ടാമത്തെ പാട്ടിൽ പറഞ്ഞു മരണഭയം മിക്കുളവം മക്കൾ അരണാക മരണഭവമില്ലാ മഹേഷൻ ശരണമേർ മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹമ്മതിർ മൃത്യുമുപേതി പൂർവം മൃത്യുജയം മൃത്യുഭിയ ജഗത്തിന് മുഴുവൻ മരണമുണ്ടോ എന്ന് കണ്ടു അപ്പൊ എന്താ ഒരു ഭയം ഏർപ്പെട്ടു പേടി മരണത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എല്ലാം മൃത്യുഗ്രസ്തം സകലത്തും വിട്ടുപോകും പണം വിട്ടുപോകും ശരീര സൗഖ്യം വിട്ടുപോകും സൗന്ദര്യം വിട്ടുപോകും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ നമ്മൾ വിട്ടുപോകും എന്ന് കാണുമ്പോ അതാണ് മരണത്തിനെ കാണത് അപ്പൊ എന്താ മരണമില്ലാത്ത വസ്തുവിന് ശരണം അതാരാ മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാണാം മൃത്യുന്റേനാരാ ഭഗവാൻ ഭഗവാന് ശരണാഗതി അതാണ് ഗോവിന്ദം ഭജ മൂഢമത്തെ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദന് ശരണാഗതി ചെയ്യൂ ശാശ്വതമായ വസ്തുവിനെ പിടിച്ചോളാം അശാശ്വതമായ വസ്തുക്കൾ കൊണ്ട് വ്യവഹാരം ചെയ്യുക അശാശ്വതമായ വസ്തുക്കൾ വ്യവഹാരം ചെയ്യാനായിട്ടുള്ളതാണ് ശാശ്വതമായ വസ്തുവോ ഉള്ളിൽ പിടിക്കാനുള്ളതാണ് ശാശ്വതമായ വസ്തുവിനെ വെച്ച് വ്യവഹാരം ചെയ്യാൻ പറ്റില്ല ഭഗവാൻ വ്യവഹാരത്തിന് കൊള്ളില്ല ലോകം ഉള്ളിലേക്ക് കടക്കാനും കൊള്ളില്ല ലോകം വ്യവഹാരത്തിന് പണം വ്യവഹാരത്തിന് പക്ഷെ പണം ഉള്ളിലേക്കോ ഒന്നും പ്രയോജനപ്പെടില്ല പക്ഷേ ഭഗവാനോ വ്യവഹാരത്തിന് എന്തിനും ഭഗവാനെ ഹൃദയത്തിലേക്കാണ് ശാശ്വതമായ വസ്തു അപ്പൊ ഭഗവാന് ശരണാഗതി ശരണാഗതി ചെയ്യുമ്പോ സദ്ബുദ്ധി കുരു അങ്ങനെ സദ്ബുദ്ധി ഉണ്ടായാൽ എന്താവും ഭഗവാനിൽ മനസ്സ് പോയാൽ ബാക്കിയുള്ളതിലൊക്കെ അസദ്ബുദ്ധി തന്നെ വിട്ടുപോകും ഗോപസ്ത്രീകൾക്ക് പതി സുതാൻവയ ഭ്രാതൃബന്ധവാൻ അതിവിലംഘ്യത്തെ അന്തി അച്യുതാഗത ബാക്കിയൊക്കെ പോയി എന്നാണ് അതിവിലംഘ്യ ഒക്കെ വിലംഘനം ചെയ്യപ്പെട്ടു ഞങ്ങൾ നിർബന്ധമായി നീക്കിയതൊന്നുമല്ല ആരും പറഞ്ഞിട്ടൊന്നുമല്ല അത് അസത്താണെന്ന് തോന്നി ഭഗവാൻ മാത്രം ഉണ്മ്മയാണ് എന്നുള്ളത് കണ്ട ബുദ്ധിക്ക് വിതൃഷ്ണ ബാക്കിയുള്ളതിലൊക്കെ കൃഷ്ണ പോയി മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് കണ്ടിട്ട് വന്ന ആൾ പിന്നെ വെള്ളം കുടിക്കാൻ പോവുക പിന്നെയും അയാൾക്ക് കാണും ദൂരത്ത് വെള്ളം എത്ര ദാഹിച്ചു വലഞ്ഞാലും അയാൾ ആ വെള്ളം കുടിക്കാൻ പോയില്ല കാരണം അവിടെ ഇല്ല എന്ന് നല്ലവണ്ണം അറിയാം അതേപോലെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ തന്നെ കണ്ടാലും ശരി അതൊക്കെ വ്യവഹാരത്തിന് ഉപയോഗിച്ചാലും ശരി ശാശ്വതമാണെന്ന് കണ്ട് ആശ്രയിക്കില്ല പ്രവർത്തിക്കാം അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ തരോതിയാഹ ആശ്രയിക്കാതെയൊക്കെ ചെയ്തോളാം പക്ഷെ ആശ്രയം ഭഗവാനിൽ മാത്രം ആശ്രയം ഡോക്ടറെടുത്ത് പോവാ വ്യാധി വരുമ്പോ പക്ഷെ ഡോക്ടറെ ആശ്രയിക്കാൻ പറ്റില്ല അദ്ദേഹം നാളെ രാവിലെ വരുമോ ആര് കണ്ടു എങ്ങനെ ആശ്രയിക്കാം ആശ്രയം വൈദ്യരാജനെ തന്നെ വേണം ശിവ വിശ്വസ്യഭേഷജി എല്ലാ ബിഷദ്വരന്മാർക്കും വിഷഗ്വരനായിട്ടുള്ള ഒരേ ഒരു ഭഗവാൻ ബേഷജം ബിഷക്പതി എല്ലാം ഭഗവാനാണ് അപ്പൊ ഭഗവാനെ ആശ്രയിക്കുക അതേപോലെ ധനം ധനം എന്തിനാ ലോകകാര്യങ്ങൾ നടത്താനായിട്ട് പക്ഷെ ധനം ലോകകാര്യങ്ങളിലോടുകൂടെ നിർത്തിയിട്ടില്ലെങ്കിൽ ധനത്തിനു വേണ്ടി ജീവിതം എന്നുള്ള ഭാവത്തിനെ മാറ്റാനാണ് ൂഢനീ ജഹീഹി ധനാഗമ തൃഷ്ണാം കുരുസദ്ബുദ്ധിം മനസ്സി വി തൃഷ്ണാം അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും ഒരു ചോദ്യം വരുത്തി നിങ്ങൾ പണമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റും ആര് പറഞ്ഞു പണം ഉപേക്ഷിക്കാൻ അടുത്ത ശ്ലോകം അതിനുദാഹരണമാണ് അതിനുള്ള മാർഗമാണ് മാർഗനിർദ്ദേശമാണ് പണത്തിനെ ഉപേക്ഷിക്കൊന്നും വേണ്ട പക്ഷെ ഈ പണത്തിനെ സ്വപ്നം കാണരുത് വെള്ളം വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളം വെള്ളത്തിൽ കയറിയാൽ വെള്ളം മുങ്ങും നമുക്ക് ലോകത്തിലൊക്കെ ഇരിക്കാം പക്ഷേ ലോകത്തിലുള്ള ഈ സാധനങ്ങൾ ഉള്ളിലിങ്ങനെ കയറുകയാണെങ്കിൽ എന്തർത്ഥമാവുള്ളത് ആ അമിതമായിട്ടുള്ള ആസക്തിയെ മാത്രമേ ഒന്ന് നിയന്ത്രിച്ചുള്ളൂ അർത്ഥകാമങ്ങളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മോക്ഷത്തിലേക്ക് ഒരിക്കലും പോകില്ലേ അതിനാണ് അർത്ഥത്തിനെ ആദ്യമായിട്ടിവിടെ പറഞ്ഞു അടുത്തത് കാമത്തിന് അർത്ഥത്തിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഭഗവത് ഭക്തി നമ്മളുടെ ഭക്തി ഒക്കെ കപട വാങ്ങും ഭഗവാന്റെ പോയി നിൽക്കും ഗുരുവായൂർ പാ ഗുരുവായൂർ പാ അടുത്ത വീട്ടുകാരന് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു എന്റെ ബിസിനസ് ചോട്ടില് ചോട്ടില് പോണു ഇന്ന് സഹായിക്ക ഞാനിവിടെ വന്നിട്ട് തുലാഭാരം നടത്താം ഭഗവാന് നമ്മളുടെ തുലാഭാരം ഭഗവാൻ എന്താ കൈക്കൂലിയോ എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്യും ഭഗവാൻ ഒരേ ഒരു കാര്യമേ അറിയുള്ളൂ അതുകൊണ്ടാ ഇങ്ങനെ വെച്ചോണ് തഥാസ്തു എന്തു ചോദിച്ചുവാസ്തു എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നുള്ളി വിടുകയും ചെയ്യും എല്ലാം തരും എല്ലാം തന്നിട്ട് നമ്മൾ ഒന്നാം തീയതി ഒന്നാം തീയതി ഗുരുവായൂരപ്പനെ കാണാൻ പോയി അവസാനം നമ്മളെ ബഫൂണാക്കി മാറ്റും ഗുരുവായൂരപ്പൻ അവസാനം നമ്മളെ ബഫൂണാക്കി മാറ്റും ഗുരുവായൂരൂപ്പൻ എല്ലാം തരും അവസാനം തന്ന് തന്ന് തന്ന് അവസാനം നമ്മളെ കോമാളിയാക്കി കൊരങ്ങളിപ്പറ്റും അപ്പൊ അവിടെ പോയി ഭഗവാന്റെ അടുത്ത് പോയാലും പണമേ ചോദിക്കുള്ളൂ നമ്മൾ ധാരാളം വർദ്ധയേ വർദ്ധയ വർദ്ധയാഷണ ഭൈരവ യന്ത്രം നോക്കാം ചിലടത്ത് എന്തോ ഒരു വാക്ക് കേട്ടാൽ ആളുകൾക്ക് അങ്ങനെ കോരിത്തരിക്കാം അത് അതങ്ങടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം കാര്യം നടത്താൻ എന്നിട്ട് എന്തു പ്രയോജനം ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ജീവി ധനമെന്തിനാ ബുദ്ധി ബുദ്ധി ഉപയോഗിച്ച ധനം വേണം ഊണ് കഴിക്കണം വസ്ത്രം കൊടുക്കണം സമൂഹത്തിൽ ഒരുമാതിരി ജീവിക്കണം ഒരു അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ അംഗീകരിച്ചതിനല്ല ലോകത്തിൽ ജീവിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇത്രയൊന്നും ധനം വേണ്ട ഇവിടെ എന്താവണമെന്ന് വെച്ചാൽ പണക്കാര് പണക്കാരായിക്കൊണ്ടേ ഇരിക്കുന്നു ദരിദ്രന്മാര് ദരിദ്രന്മാരായിക്കൊണ്ടേ ഇരിക്കുന്നു പണം ഉണ്ടാക്കണമൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരു തിമിങ്കലം കൊച്ചു കൊച്ചു മത്സ്യങ്ങളെയൊക്കെ വിഴുങ്ങുന്ന പോലെ എല്ലാം സ്വർണക്കട തുണിക്കട ഒക്കെ ഒരാൾ വന്നാൽ ബാക്കിയുള്ളവരെയൊക്കെ വിഴുങ്ങിക്കളയും അതൊരു വലുതായിക്കൊണ്ടേ പോകും ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ഇവർക്ക് ഈ പണം അനുഭവിക്കാൻ പോലും ആധ്യാത്മികമൊക്കെ പോട്ടെ ഇവർക്ക് പണം അനുഭവിക്കാൻ പോലും സമയമില്ലേ രാവിലെ മുതൽ രാത്രി വരെ ഓടി നടക്കുകയാണ് എപ്പൊ ഉറങ്ങും എപ്പോ ഊണ് കഴിക്കും ഇതിനെ തിന്നാൻ പറ്റുമോ രാവിലെ ഒരു പത്തായിരം ഉറുപ്പയുടെ നൂറ് ഉറുപ്പ നോട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ ഒക്കുക സാധിക്കുവോ എല്ലാരെ പോലെയേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിവിടെ ഉണ്ടെന്നുള്ളത് കാരണം ഉറക്കവും വരില്ല പിന്നെ എത്ര നമ്മൾ ഉയർന്നാലും നമ്മളെക്കാളും മേലെ ഉള്ളവരുണ്ടാവും അവരെ കാണുമ്പോ അസൂയ വരും അതൊരു വേദന അവിടെ ഒരു വേദനയാണത് അത് കാണുമ്പോ അസൂയ വരും അസൂയ വന്നാലും ഒരാഗദ്വേഷം അവരെ അടിച്ച് താഴ്ത്താൻ എന്താ വഴി നോക്ക ഇവിടെ ആർക്കപ്പോ ശാശ്വതമായിട്ട് ഈ പണം കൊണ്ടൊക്കെ സുഖമുള്ളത് അല്ല വിത്തേന തർപ്പണീയോ മനുഷ്യാണ് ആ കൊച്ചുകുട്ടി നജികേദസിന്റെ അടുത്ത് യവൻ പറഞ്ഞു കുഞ്ഞെ എന്റെ അടുത്ത് ആത്മാ ബ്രഹ്മം എന്നൊന്നും ചോദിക്കരുത് തനിക്ക് വേണോ ഇതാ നിർത്തിയിക്കുന്ന ഒരു രഥം അപ്സര സ്ത്രീകൾ ഇന്ദ്രപദവി അതേ അനേക സുഖ സാമഗ്രികൾ എടുത്തോണ്ട് ഇതൊന്നും ഭൂമിയിൽ കിട്ടില്ല ഇമാ രാമാഹ ശരഥാഹ സതൂര്യാഹ നഹീദൃഷ ലംബനീയാ മനുഷ്യ എന്ത് വേണമെങ്കിൽ എടുത്തോണ്ട് ആ കുട്ടി പറഞ്ഞു യമനെ നോക്കി പരിഹസിച്ചു ഹേ അന്തകുന്ന് വിളിച്ചു അങ്ങ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട അങ്ങയുടെ പേര് തന്നെ എന്താ അന്തകൻ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും ശിവഭാവാഹമർത്യസ്ത അന്തക ഇതേ സർവേന്ദ്രിയാണാം ജലയന്തി തേജഹാണ് ഇത് കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ എത്ര ആസ്വദിക്കും ഉണ്ടെങ്കിലും ഇന്ദ്രിയാണാം ജരയന്തി തേജ കുറച്ചു കഴിഞ്ഞാൽ വസ്തുക്കളൊക്കെ അവിടെ ഉണ്ട് അനുഭവിക്കാൻ വയ്യ വീട്ടില് ഒരു മുത്തശ്ശനെ കാണാൻ പോയി കാമജപം ഭസ്മൊക്കെ ഉണ്ട് വർത്തമാനം പറഞ്ഞപ്പോ മുത്തശ്ശൻ കരയാൻ തുടങ്ങി എന്താ കരയണം കണ്ണ് കാണാൻ വയ്യ ചാറുവില കേട്ടാ മതി ഭാഗവതമോ ഗീതയോ ഒക്കെ കേട്ടാ അതല്ല ായിട്ട് ഒരു സീരിയൽ മുടക്കാതെ കണ്ടുകൊണ്ടിരുന്നു കാണാൻ വയ്യന്താ അത് നടക്കണ മുമ്പില് കാണാൻ വയ്യ ചെവി ഒട്ട് ശരിക്ക് കേൾക്കണമില്ല വസ്തു കൊണ്ട് അനുഭവിക്കാൻ വയ്യ അനുഭവിക്കണമെന്നുള്ള കൃഷ്ണ ഉള്ളില് ബാക്കി നിൽക്കണു ഇന്ദ്രിയാണാം ജലയന്തി തേജ വസ്തു വിഷയം കൊണ്ട് ജീർണിച്ച് ജീർണിച്ച് പോയി അപ്പൊ എന്താ കൂടുതൽ വിഷമം ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്നതും അനുഭവിക്കുന്നതും കാണുമ്പോ മുത്തശ്ശന അസൂയ വേണോ നേരത്തെ കൂട്ടി നേര ചൊ ഉപേക്ഷിച്ചാൽ പരമസുഖം ആ ഉപേക്ഷിക്കുന്നതിന്റെ വിതൃഷ്ണയുടെ ശാന്തി ഉണ്ടാകും ഇതിപ്പോ എന്താ അതൊക്കെ ഉപേക്ഷിക്കാനും പറ്റണില്ല വസ്തു മുമ്പിൽ നിന്ന് പരിഹസിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ ഈ സർവം ജീവിതമൽപ്പമേവ ആ കുഞ്ഞു പറഞ്ഞു അങ് അഞ് അയ്യായിരം വർഷം ജീവിതം തരൂ ആർക്കാ മതിയാവാൻ പോണത് ഇവിടെ എത്ര വർഷം തന്നാൽ അൽപ്പമേവ അപ്പി സർവം ജീവിതം അൽപ്പമേവ തവൈവവാഹാത്തവ നൃത്യഗീത അങ്ങയുടെ ഡാൻസ് പാട്ട് ഈ സമ്പദ് സമൃദ്ധികളൊക്കെ അങ്ങ് തന്നെ വെച്ചോളാണ് എനിക്കിതൊന്നും വേണ്ട എനിക്ക് മരണത്തിനെയും ജനനത്തിനെയും കടന്നിട്ടുള്ള ആ പരമാത്മതത്വം ബോധിപ്പിക്കാം ഏതൊന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ അറിയാൻ യാതൊന്നും ബാക്കി ഉണ്ടാവില്ലയോ ഏതൊന്നിനെ ഇവിടെ യാതൊന്നും കാണാൻ ബാക്കി ഉണ്ടാവില്ലയോ സത്യം എനിക്ക് പരിപൂർണ്ണ തൃപ്തിയെ തരുമോ വൈരാഗ്യത്തിനെ തരുമോ ശാന്തിയെ തരുമോ അതിനെ ഉപദേശിക്കാം